അദ്ദേഹം മദ്യനിലെ ജലസ്രോതസ്സിലെത്തിയപ്പോൾ അവിടെ ഒരു കൂട്ടം ആളുകൾ വെള്ളം കൊടുക്കുന്നത് കണ്ടു അവർക്കു പുറമെ രണ്ട് സ്ത്രീകൾ തങ്ങളുടെ മൃഗങ്ങളെ തടഞ്ഞു അദ്ദേഹം കണ്ടു അദ്ദേഹം ചോദിച്ചു നിങ്ങളുടെ കാര്യമെന്താണ് അവർ പറഞ്ഞു ഇടയന്മാർ മടങ്ങിപ്പോകുന്നതുവരെ ഞങ്ങൾ വെള്ളം കൊടുക്കില്ല ഞങ്ങളുടെ പിതാവ് പ്രായമായ ഒരാളാണ്